ജഗ്രസ്വപ്നസുഷുപ്തിഷു സ്ഫുടതരായാ സംവിദുജംഭത്തെ ബ്രഹ്മാതിപീലകു പ്രോത ജഗത്സക്ഷി സൈവാഹം നൃശ്യവസ് ദൃഢപ്രാസ്തി ചേോസ്തു സുദ്ജോസ്തു ഗ ഗുരുരിഷ മനീഷ മമ ബ്രഹ്മവാഹം ഇതം ജഗച്ച സകലം ചിന്മാത്രം ചൈതദവിദ്യയാഗുണയാൽപ്പം ഇത്ത ദൃഢാമതികതരെ നിത്യേ പരേ നിർമ്മേ ചണ്ടാളോസ്തു സു ദ്ജോസ്തു ഗുരുത്യ ശന്നേവിലശിത്യചാ ഗുരു നിർമ്മ നിരന്തരം വിമൃശത നിയാജാത്തത്മന ഭൂതം ഭാവി ചുഷം പ്രദഹത സംവിന്മയേ പാവകെ പ്രയ സമർപ്പം സ്വപുരിമ ആദ്യത്തെ ശ്ലോകം പ്രജ്ഞാനമാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം പ്രജ്ഞാനം എന്നുവച്ചാൽ ബോധം ചൈതന്യം അറിവ് ഈശ്വരന്റെ സ്വരൂപം പ്രജ്ഞാനം ദൃഢപ്രജ്ഞാപി യസ്തി ചെയ്ത് ദൃഢമായ പ്രജ്ഞ ആർക്കുണ്ടോ അയാളാണ് ഗുരു ദൃഢപ്രജ്ഞ ഉള്ള ആളെയാണ് ഭഗവാൻ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് പ്രജ്ഞ നേടിയെടുക്കണ്ട ഒന്നല്ല പ്രജ്ഞ ഇപ്പൊ തന്നെ ഉണ്ട് പക്ഷേ പ്രജ്ഞയിൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി മുതലായിട്ടുള്ള ചലിക്കുന്ന അവസ്ഥകൾ ഇടകലർന്ന് നിൽക്കുന്നു ശുദ്ധമായ പ്രജ്ഞയിൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന അവസ്ഥകൾ വന്നു ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്ന അവസ്ഥകൾ ജാഗ്രതത്തിൽ വന്നു പോകുന്നു അനേകം പ്രജ്ഞയാൽ പ്രജ്ഞയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രജ്ഞ ഒരിക്കലും മാറാതെ നിൽക്കുന്നു ഒരു സ്ക്രീനില് സിനിമ കാണപ്പെടുന്ന പോലെ ഒരു സിനിമയില് പാട്ടുപാടും യുദ്ധം നടക്കും വിവാഹം നടക്കും എന്തൊക്കെ നടന്നാലും സ്ക്രീൻ ബാധിക്കപ്പെടാതെ നിൽക്കുന്നു അതുപോലെ ഈ ശുദ്ധമായ പ്രജ്ഞയില് ഇപ്പൊ ഇപ്പോ ഉള്ള അവസ്ഥ ജാഗ്രത അവസ്ഥ കുറച്ചു മുമ്പ് സ്വപ്നാവസ്ഥ കുറച്ചു മുമ്പ് സുഷുപ്തി അവസ്ഥ ഇതൊക്കെ വന്നു ഇനിയും ഇത് മാറി വരും ഈ ജാഗ്രത പോയി സ്വപ്നം വരും സ്വപ്നം പോയി സുഷുപ്തി വരും ജാഗ്രതത്തിൽ തന്നെ കൌമാരം യൌവനം വാർദ്ധക്യം മുതലായിട്ടുള്ളതൊക്കെ മാറി മാറി വരും പക്ഷെ ഇതിനെയൊക്കെ അനുഭവിക്കുന്ന പ്രജ്ഞ മാറാതെ നിൽക്കണു ആ പ്രജ്ഞയാണ് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം ആ പ്രജ്ഞയാണ് യഥാർത്ഥ ജ്ഞാൻ ആ പ്രജ്ഞ പുരുഷനല്ല സ്ത്രീയല്ല ആ പ്രജ്ഞ ബ്രാഹ്മണനല്ല ക്ഷത്രിയനല്ല വൈശ്യനല്ല ശൂദ്രനല്ല ആ പ്രജ്ഞയ്ക്ക് ഒരു നാമരൂപവുമായും ബന്ധമില്ല കുറെ ശ്ലോകങ്ങൾ ഈ സാക്ഷാത്കാരത്തിന് സഹായമായിട്ട് കുറേ ശ്ലോകങ്ങൾ ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട് ജാതി നീതി കുലഗോത്ര ദൂരകം ുണദോഷവർജിത വിഷയാതിവർത്തിയത് ബ്രഹ്മ തയാത്മനി ഷൂർ യോഗി യോഗി ഹൃദ് ഭാവിതർവിഭാവിത ബുദ്ധ്യവേദ്യമനവദ്യ ബ്രഹ്മ തയാത്മനി ഇങ്ങനെ അനേകം ശ്ലോകങ്ങൾ ഈ ഓരോ ശ്ലോകവും എടുത്ത് ധ്യാനിച്ചാൽ ആത്മാവിൽ എന്തിനെയൊക്കെ ആരോപിച്ചിരിക്കുന്നുവോ ആ ആരോപിച്ചതിനെയൊക്കെ എടുത്തു നീക്കുക എടുത്തു നീക്കി ബ്രഹ്മതത്വമസിഭാവയാത്മനി ഏതൊന്ന് അവശേഷിക്കുന്നുവോ ആ ബ്രഹ്മം നീ അതാണ് എന്റെ സ്വരൂപം എന്ന് ഭാവയ ആത്മനി സ്വയം അന്തർഹൃദയത്തിൽ ഭാവന ചെയ്യും ധ്യാനിക്കുന്നു ബ്രഹ്മതത്വമസിഭാവയ ആത്മനി അപ്പോ നിരന്തരം ചെയ്യേണ്ട ഒരു സാധനയാണ് ഈ അധ്യാസ നിരാകരണം താൻ അല്ലാത്തതിനെ എടുത്തു മാറ്റിയാൽ താൻ സ്വയമേവ പ്രകാശിക്കും താൻ അല്ലാത്തത് എന്താ സ്വപ്നം സുഷുപ്തി അവസ്ഥകൾ താനോ ഇതിനോ ഒക്കെ അറിവ് ജ്ഞപ്തി ആ ജ്ഞപ്തിയാണ് ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ അവസ്ഥകളൊന്നും ഞാനല്ല പ്രജ്ഞാനമാണ് ഞാൻ നാടകത്തിൽ എന്തൊക്കെ വേഷം കെട്ടിയാലും ആ വേഷമൊന്നും ഞാനല്ല വേഷം കെട്ടി മാറാതെ നിൽക്കുന്ന ആളാണ് ഞാൻ അവസ്ഥകളൊക്കെ മാറി മാറി പോകുന്നു പക്ഷെ സത്യം ഒരിക്കലും അവസ്ഥയല്ല അവസ്ഥകളൊക്കെ മാറി മാറി വരും ട്രൂത്ത് കാൻ നെവർ ബി എ സ്റ്റേറ്റ് യോഗ അവസ്ഥകളൊക്കെ അതാണ് യോഗാവസ്ഥകൾ ഏത് അവസ്ഥയോ അത് മാറും യോഗാവസ്ഥകളൊക്കെ മാറും എന്താ അതൊക്കെ അവസ്ഥയാണ് സ്റ്റേറ്റ് ആണ് സ്ഥിതിയാണ് പക്ഷെ എപ്പോഴും ഉള്ളത് അത് മാറില്ല മാറാൻ സാധ്യമല്ല അതാണ് അവസ്ഥാത്രയ എന്ന് പേര് അവസ്ഥാത്രയങ്ങൾക്കും അപ്പുറം നിൽക്കുന്നത് മൂന്നവസ്ഥകളെയും കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഞാൻ എന്ന് പറയുന്നത് ഒരവസ്ഥയ അവസ്ഥയല്ല അത് അനുഭൂതിയാണ് ഈശ്വരൻ നമുക്കിപ്പോഴേ സിദ്ധിച്ചിരിക്കുന്നു ഈശ്വരനെ എവിടെയും തിരഞ്ഞു കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഈശ്വരൻ ഇപ്പൊ തന്നെ സംഭവിച്ചു പോയിരിക്കുന്നു ഭൂതവസ്തു എങ്ങനെ ഞാൻ ഉണ്ടെന്ന് അറിയുന്നുണ്ടല്ലോ വർത്തമാനം പറയുന്നു കേൾക്കുന്നു അനുഭവ സ്വരൂപമായിട്ട് ഇരിക്കുന്നു പക്ഷെ അത് കിട്ടിയതിനെ എന്തുകൊണ്ട് കിട്ടിയെന്ന് തോന്നണില്ല അതല്ലാത്തതിനെയൊക്കെ അതിന്റെ മേലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്തിട്ട് കിട്ടുന്നതാണെങ്കിൽ അതേപോലെ നഷ്ടപ്പെട്ടു പോകും സാക്ഷാത്കാരം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവേണ്ടതാണ് കേവലം ത്യാഗം കൊണ്ടുണ്ടാവേണ്ടതാണ് എന്താ ത്യാഗം ത്യാഗേനേക്കേ അമൃതത്വമാണ് ശുഹു ത്യാഗം താനല്ലാത്തതിനെയൊക്കെ ത്യജിച്ചാൽ താൻ എപ്പോഴും ഉണ്ട് സിദ്ധിച്ചിരിക്കും കിട്ടിയിരിക്കും പ്രജ്ഞാനം ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് അതാണ് രണ്ടാമത്തെ ശ്ലോകം ബ്രഹ്മൈവാഹം ഉള്ളില് അഹം അഹം എന്ന് സ്ഫുരിക്കുന്നത് എന്തോ അത് ബ്രഹ്മമാകുന്നു ബുദ്ധി അന്തർമുഖമായി പുറമേക്ക് ഇങ്ങനെ തെരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം ഈ സത്യം തെളിഞ്ഞു കിട്ടില്ല എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും പുറമേക്ക് പ്രവഹിക്കുന്ന ചിത് ശക്തി മനസ്സിന്റെ രൂപത്തിൽ കണ്ണിലൂടെ പുറത്തു വന്ന് രൂപം കാണുന്നു ചെവിയിലൂടെ ശബ്ദം കേൾക്കുന്നു മൂക്കിലൂടെ മണക്കുന്നു നാക്കിലൂടെ രുചിക്കുന്നു ത്വക്കിലൂടെ സ്പർശിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നത് ഒരേ ചിത് ശക്തിയാണ് അത് തന്നെ അന്തർമുഖമായി കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതരേ വീണു വണങ്ങി വോതിടയണം ഇത് മുഴുവൻ ഉള്ളിലേക്ക് തിരിയുമ്പോ അറിഞ്ഞിടുന്നവനിലേക്ക് തിരിയുമ്പോ അവിടെ ഈ അഹം അതായത് ഞാൻ ഉണ്ട് എന്നുള്ള പ്രതീതി അതൊരു മഹാഗർത്തമാണ് മഹാഗർത്തം എന്ന് വെച്ചാൽ വലിയൊരു കുഴി ഈശ്വരൻ ഒരു വലിയ കുഴിയാണ് വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന് ഒരു പേരാണ് മഹാഗർത്തഹ എന്നാണ് എന്താ മഹാഗർത്തം നമ്മളുടെ ഉള്ളിലുള്ള ഹൃദയസ്ഥാനം ഒരു മഹാഗർത്തം അതിൽ ഈ പ്രപഞ്ചം തന്നെ വീണാ പിന്നീട് എടുക്കാൻ പറ്റില്ല ആ മഹാഗർത്തത്തിൽ ഈ പ്രപഞ്ചം തന്നെ വീണുപോയാൽ പിന്നീട് തിരിച്ചു എന്നാണ് അപ്പൊ ഈ അഹമസ്മി എന്നുള്ളത് ഒരു മഹാഗർത്തം അതിൽ എന്തിനെ ഇട്ടാലും അതൊക്കെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കും നിറഞ്ഞു നിറഞ്ഞു കവിയേ ഇല്ല ആ മഹാഗർത്തത്തിൽ ഇതിനാണ് സന്യാസം എന്ന് പറയാം ന്യാസം എന്നുള്ളത് വാസ്തവത്തിൽ പുറമേക്കുള്ള കാഷായമോ മുണ്ടനമോ അല്ല ഉള്ള ആ രുദ്രൻ ചൊല്ലുന്യാസം ചൊല്ലോ നിലകുന്യാസം എന്നാ സന്യാസം അഗ്നിമേ വാചി ശ്രിതൃദേ ഹൃദയം മയി അഹമൃതേ അമൃതം ബ്രഹ്മണി ഓരോന്നിനെയായിട്ട് അതിന്റെ കാരണത്തിൽ ലയിപ്പിച്ച് ഹൃദയത്തിൽ കൊണ്ടുപോയി അഹമസ്മി എന്നുള്ള അനുഭൂതി മണ്ഡലത്തിൽ ലയിപ്പിക്കലാണ് സന്യാസം അത് ചെയ്യാൻ ബാഹ്യമായിട്ടുള്ള ഡിസ്റ്റർബൻസൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കാഷായം ഉടുക്കണതും ഒക്കെ വക്കീലിന്റെ കോർട്ട് ധരിച്ചാൽ മാത്രം വക്കീലാവില്ലല്ലോ അല്ലെ കോർട്ടിൽ പോകണമല്ലോ അപ്പൊ സന്യാസം എന്ന് വെച്ചാൽ ന്യാസം എന്ന് വെച്ചാൽ ഇതാണ് ന്യാസം എന്നുള്ളത് ഇതിനാണ് പേര് അതായത് ഓരോന്നിനെയും അഗ്നിർമേ വാച്ചിശ്രിത വാഗ്ഹൃദയെ അഗ്നിതത്വം വാക്കിലടങ്ങിയിരിക്കുന്നു വാക്കിനെ വായിലടക്കി വായ വർത്തമാനം പറയാതെ നിർത്തിയാൽ എന്താവും വാക്ക് വായിലടങ്ങും വായിൽ അടങ്ങിക്കഴിഞ്ഞാൽ അടുത്തപടി എന്താ മനസ്സിൽ ഇങ്ങനെ പ്രവർത്തിച്ച് പറയണം എന്നുള്ള അർജുനം ഉണ്ടാവും വാഗ്ഹൃദ ക്രമേണ ആ ഹൃദയത്തിലുള്ളതിനെ ഹൃദയം മയി ഞാൻ അഹമസ്മി മയി എന്നുള്ളതിൽ ആ മയി അഹമസ് അഹങ്കാരമുണ്ടല്ലോ അഹങ്കാരമാണ് മനസ്സിന്റെ മൂലം ആ മൂലത്തിൽ ചെന്ന് നിർത്തി ഓരോ വിചാരം വരുമ്പോഴും ആദ്യം വർത്തമാനം പറയുന്നില്ല അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്നില്ല ചെവി കൊണ്ട് കേൾക്കുന്നില്ല നിർത്തി നിർത്തിയപ്പോ ഉള്ളില് കാണണം എന്നുള്ള അർജൻ ഇപ്പോ ഞാൻ കണ്ണടച്ചു അപ്പോ ആരൊക്കെയോ വരുന്ന ശബ്ദം കേൾക്കണു കാണണം എന്നുള്ള ഒരു ആഗ്രഹം ആ ആഗ്രഹം പൊന്തുമ്പോ കണ്ണു തുറന്ന് കാണാം ആ ആഗ്രഹത്തിനെ അടക്കാം രണ്ടും ചെയ്യാം കണ്ണു തുറന്ന് കാണാതെ ഉള്ളിൽ ആഗ്രഹത്തിന് അടക്കവും ചെയ്യണില്ല പിന്നെ എന്ത് ചെയ്യുന്നു ഈ ആഗ്രഹം ആർക്കു വരുന്നു എനിക്ക് കാണണം എനിക്ക് കാണണം എനിക്ക് കാണണം എന്നുള്ളതാണ് അതിന്റെ രൂപം അപ്പോ ഹൃദയം ഇവിടെ ഹൃദയം എന്നുള്ളതിന് മനസ്സെന്നർത്ഥം ഹൃദയത്തിനെ അഹം എന്നുള്ള നിർത്തി ആ അഹത്തിനെ എവിടെ കൊണ്ട് ചെന്ന് അഹം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ അഹം അമൃതേ മരണമില്ലാത്തതായ നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപമായ അമൃതം അമൃതം എന്ന് ബ്രഹ്മം അമൃതം ബ്രഹ്മണി അമൃത സ്വരൂപമായ ബ്രഹ്മം തന്നെയാണ് ഞാൻ ഇങ്ങനെ ഓരോ വികാരത്തെയും അതാണ് ലഘുന്യാസം ഇത് ജപമണിനാ മാത്രം പോരാ അത് ഉള്ള ായിട്ട് ഓരോ ഇമോഷനും അതാത് ഇന്ദ്രിയത്തിൽ നിർത്തുന്നു ഇന്ദ്രിയത്തിൽ നിന്ന് മനസ്സിൽ നിർത്തുന്നു മനസ്സിൽ നിന്ന് അഹങ്കാരവൃത്തിയിൽ നിർത്തുന്നു അഹങ്കാരവൃത്തിയിൽ നിന്ന് ഹൃദയത്തിൽ അടക്കുന്നു ഹൃദയം സ്വരൂപത്തിൽ സ്വരൂപത്തിൽ ഹോമിക്കുന്നു അങ്ങനെ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മ തേന ബ്രഹ്മകർമ്മ സമാധിനാസനകളെയും ഓരോ വികാരങ്ങളെയും ഓരോ അനുഭവത്തിനെയും അഹമൃതേ അമൃതം ബ്രഹ്മണി എന്ന് നിർത്തുകയാണെങ്കിൽ ആ അഹം ശുദ്ധപ്രജ്ഞയായിട്ട് നാമരൂപങ്ങളെയൊക്കെ വിട്ട് അതാണ് പ്രപഞ്ചത്യാഗം ലോകത്തിനെ വിടുക എന്ന് പറഞ്ഞാൽ ലോകത്തിനെ എങ്ങനെ വിടും അടിച്ചു പൊളിച്ച് ഏതെങ്കിലും കുളത്തിൽ കൊണ്ടുപോയി മുക്കളയാൻ പറ്റുമോ ലോകത്തിനെ ഉപേക്ഷിക്കാൻ എന്താ വഴി ആചാര്യസ്വാമികൾ വ്യക്തമായിട്ട് അത് പറയുന്നു ത്യാഗ പ്രപഞ്ചരൂപസ് ബ്രഹ്മാത്മത്വ അവലോകനാത് ത്യാഗോഹി മഹതാം പൂജ്യ സദ്യോ മോക്ഷമയോ വിധു ഇപ്പ മോക്ഷം വേണോ ഇപ്പൊ കിട്ടും എങ്ങനെ മോക്ഷം കിട്ടും സദ്യോ മോക്ഷമയഹ ഇപ്പൊ തന്നെ മോക്ഷം എങ്ങനെ മോക്ഷം കിട്ടും പ്രപഞ്ചത്തിനെ വിടൂ പ്രപഞ്ചത്തിനെ വിടൂ എന്ന് വെച്ചാൽ എങ്ങനെ വിടും ത്യാഗപ്രപഞ്ചരൂപസ് പ്രപഞ്ചത്തിന്റെ രൂപത്തിനെ വിടൂ പ്രപഞ്ചരൂപത്തിന് എങ്ങനെ വിടും ബ്രഹ്മാത്മത്വ അവലോകന ബ്രഹ്മം ആണ് ആത്മാവാണ് എന്നുള്ള ദർശനം സമ്പാദിച്ചാൽ വിട്ടു എല്ലാത്തിനേയും ഉപേക്ഷിച്ചു ഇവിടെ ഒരു വസ്തുവും പ്രത്യേക ഒരു പേരോടുകൂടെ ഒരു വസ്തു ഇവിടെ ഇല്ല ഈശ്വരൻ എന്നൊറ്റ പേരേ ഉള്ളൂ എല്ലാത്തിനും രമണ മഹർഷി ഒരു ഭക്തൻ ഇങ്ങനെ ഉപദേശം കൊടുത്തു വസ്തുക്കളെ വസ്തുക്കളായി കരുതുന്നത് നിർത്തു ഓരോ വസ്തുവിനും പ്രത്യേക പേരുണ്ട് എന്നുള്ളത് മറക്കൂ എല്ലാത്തിനും ഒരു പേരേ ഉള്ളൂ ഈശ്വരൻ എന്ന പേര് എന്ന് സ്വീകരിച്ചോളാം എന്നിട്ട് ആ ഭാവത്തോടെ ഇനി വസ്തുക്കളെയൊക്കെ കാണും എന്ന് വ്രതമെടുക്കൂ Stop calling objects as objects. See them as God. As adikyum ingil logatine vittu. Brahmatmatva avalokanath. Tyago hi mahatam pujya. A tyagam ana mahatma kal pujikinna tyagam. A tyagam jayida all evadai irindalim ayalaku logam illyaya brahmame ul. Uttama drishtandam janaka baharaja av sadas lirikyam. അഷ്ടാവക്രൻ ചോദിക്കുന്നു ഇത്രയും ആളുകളുടെ കൂട്ടത്തിൽ ഇരുന്ന് അങ്ങ് എങ്ങനെ സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കും ഈ ജനസമുദ്രത്തിന്റെ നടുവിലിരുന്ന് അങ്ങക്ക് എങ്ങനെ സമാധിയും ഉണ്ടാവും ധ്യാനം എങ്ങനെ സിദ്ധിക്കും ജനകൻ പറഞ്ഞു എവിടെ ജനസമുദ്രം ഇവിടെ ഞാൻ ഒരാളെയും കാണാനില്ല എന്നാണ് ഏഹ് ഇത്രയും ആളുകൾ എവിടെ ഇത്രയും ആളുകളൊന്നും ഞാൻ കാണുന്നില്ല വ്യവഹാരത്തിന് വേണമെങ്കിലും ഒക്കെ കോർട്ട് ഒക്കെ പറയുന്നു അങ്ങനെയുള്ള ആളാണ് പറയണതേ ഇത്രയും ആളുകളുടെ നടുവിലിരുന്നിട്ട് ഇപ്പോഴാണത് ഒരാളെ തൂക്കിക്കൊല്ലു ഇയാളെ തുറങ്കിലടക്കൂ എന്നൊക്കെ പറഞ്ഞ ആള് പറയാ ഞാൻ ഇപ്പൊ ആരും കാണുന്നില്ല എന്നാണ് ഈ ഇത്രയും ആളുകൾ ഉണ്ടല്ലോ ഇവിടെ ആ അത് നിങ്ങളുടെ ദൃഷ്ടിയിലല്ലേ അഹോ ജനസമൂഹേ പീ അദ്വൈതം പശ്യത്തോ മമ അരണ്യം ഇവ സംവൃത്തം ക്വരത്തിം കരവാണ്യഹം ഈ ജനസമൂഹത്തിൽ ഇരിക്കുന്ന എനിക്ക് കൊടുങ്കാട്ടിലിരിക്കുന്ന പ്രതീതിയാണെന്നാണ് എന്താ അരണ്യം ഇവ സംവൃത്തം എങ്ങനെ സംഭവിച്ചു അദ്വൈതം പശ്യത്തോ മമഹ രണ്ടാമത്തെ ഒരു വസ്തു ഇവിടെ ഇല്ല എന്ന് ദർശനം ഉള്ളത് കൊണ്ട് ഇവിടെ രണ്ടാമതൊന്നും കാണാത്തത് കൊണ്ട് എന്നെ ഒന്നും ഒന്നും എന്റെ ഉള്ളിൽ കിടക്കണില്ല എത്ര ആളുകൾ വേണമെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നോട്ടെ ഇതൊക്കെ സ്വർണം കൊണ്ട് വള മാല മോതിരം കിരീടം കങ്കണം അനേക പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വെച്ചാലും തട്ടാനും ഒരേ ഒരു ദൃഷ്ടിയേ ഉണ്ടാവുള്ളൂ സ്വർണം വാങ്ങാൻ പോണ ആളുകൾക്ക് പ്രതിപത്തി ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ ഇത് വള ഇത് മാല ഇത് വേണം ഇത് വേണ്ട തോന്നും പക്ഷെ തട്ടാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കക്കാൻ പോണ ഒരു കള്ളനെ സംബന്ധിച്ച് അത് വെറും സ്വർണം എന്നേ അയാൾക്ക് ദർശനമുള്ളൂ അതുപോലെ നാമരൂപങ്ങൾ ഒന്നിനോടും പ്രതിപത്തിയില്ലാതായി കഴിഞ്ഞാൽ എല്ലാ നാമരൂപവും ഒരേ വസ്തു കൊണ്ട് എല്ലാത്തിലും ഉള്ളത് എന്താ ഈശ്വരൻ മാത്രം പരമാത്മാ മാത്രം അപ്പോ ബ്രഹ്മൈവാഹം ഇതം ജഗച്ച സകലം ചിന്മാത്ര വിസ്തരിതം ഈ ജഗത്ത് മുഴുവൻ ചിത്തിന്റെ വിസ്താരമാണ് എക്സ്പെൻഷൻ ഓഫ് അവേർനെസ് ബ്രഹ്മൈവാഹം ഇതം ജഗച്ച സകലം ചിന്മാത്ര വിസ്തരിതം സർവം ചെയ്യേത അവിദ്യയാ ത്രിഗുണയാ അശേഷം അയാ കല്പിതം അതല്ലാതെ എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ ഇപ്പൊ പറഞ്ഞുവല്ലോ തട്ടാന് സ്വർണം എന്ന ദൃഷ്ടിയേ ഉള്ളൂ അതേ വസ്തുവിനെ വാങ്ങിക്കാൻ പോകുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഭേദം ഉണ്ടാകുന്നു നമ്മളുടെ ഉള്ളിലുള്ള ഗുണങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് ഭേദം ഉണ്ടാവുന്നത് ഗുണങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ആഗ്രഹരൂപത്തിൽ പ്രവർത്തിക്കുന്നു ആഗ്രഹരൂപത്തിൽ ആ ഗുണം തമോ ഗുണം പറയുന്നു അയ്യേ ഈ മാല നന്നേ അല്ല എന്ന് പറയുന്നു രജോ പറയും കുറച്ച് വില കുറച്ച് കിട്ടിയാ വേണ്ടില്ല സത്വഗുണം തന്നെ പറയും ആ ഇത് നല്ല പാറ്റേൺ ഇതുവരെ ഇത്ര സുന്ദരമായിട്ടൊന്നും കണ്ടിട്ടില്ല ഇത് ഈ മൂന്ന് ഗുണങ്ങളെ ആശ്രയിച്ച് നമുക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്തെടുക്കും ഈ ഗുണങ്ങൾ എന്തു ചെയ്യും ഒരേ വസ്തുവാണ് പല എല്ലാമായി തീർന്നിരിക്കുന്നതെങ്കിലും അതിൽ പ്രത്യേകതകൾ ഒന്നിനോട് വെറുപ്പ് ഒന്നിനോട് പ്രത്യേകത ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ സത്വരജസ്തമോ ഗുണങ്ങള് നമ്മളെ നാമരൂപങ്ങളിൽ പ്രത്യേകം പ്രത്യേകമായി ബന്ധിക്കും ത്രിഗുണയാ അശേഷം അയാകൽപ്പിത്തം അപ്പോ ഈ ത്രിഗുണങ്ങൾ വിട്ടുപോയാലോ തട്ടാന്റെ ദൃഷ്ടിയാണ് കനകൈക മഹാബുദ്ധി എന്നാണ് എന്നുള്ള ഒറ്റ ബുദ്ധിയേ ഉള്ളൂ സ്വർണം എന്നുള്ള ബുദ്ധി നോക്കണം ഈ ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ വളരെ ജാഗ്രതയായിട്ടിരിക്കണം ഈ ഉദാഹരണത്തിനൊന്നും പാരമാർത്ഥികമായി ചോദിച്ചു പോകരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ പറയുന്നത് ഏകദേശം നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഒരു ഉദാഹരണവും ഈ ബ്രഹ്മവിദ്യയിൽ ചേരുകയ്യേയില്ല അതുകൊണ്ടാ പലപ്പോഴും ഉദാഹരണം പറയാൻ തന്നെ ഇഷ്ടവാത്തത് കാരണം ഈ ഉദാഹരണത്തിലേ ആളുകൾ ശ്രദ്ധിക്കും നമുക്ക് മറ്റേത് മനസ്സിലാവാത്തത് കൊണ്ട് ഇതിൽ ശ്രദ്ധിച്ച് ഒരാൾ ചോദിച്ചു സ്വാമി അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കട്ടി സ്വർണം വാങ്ങി കഴുത്തിൽ ഇടാൻ പറ്റുവോ ആഭരണം ഇടാൻ പറ്റുള്ളൂ എങ്ങനെ ഉത്തരം പറയും ഈ ഉദാഹരണം വെറുതെ പറയാണ് ഈ ഉദാഹരണത്തിനും ഈ പാരമാർത്ഥികത്തിനും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത് പാരമാർത്ഥികത്തിൽ നമ്മളുടെ ദൃഷ്ടിയെ ശുദ്ധമാക്കാനുള്ള വഴിയാണവിടെ പറയണത് വ്യവഹരിക്കണ്ടാവുന്നല്ല എല്ലാം സമദർശനം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ധരിക്കും ഒരു പിണ്ണാക്കു തിന്നിട്ടിരിക്കുന്ന പോലെ ഇരിക്കുക ഒന്നും വികാരമില്ലാതെ അപ്പോ സമദർശിത്വത്തിന്റെ ലക്ഷണവും അതല്ല വ്യവഹാരം കൃഷ്ണൻ സമദർശിയാണ് കൃഷ്ണനെ എന്തൊക്കെ പറഞ്ഞു ദുര്യോധനൻ ഊണ് കഴിക്കാൻ വിളിച്ചപ്പോ നിന്റെ വീട്ടിലേക്ക് ഞാൻ ഊണ് കഴിക്കാൻ വരില്ല ഓ താനും തനിക്കും എനിക്കും ബന്ധമില്ല താൻ ഒന്നിലും മിത്രമായിരിക്കണം അല്ലെങ്കിൽ യജമാനനായിരിക്കണം അല്ലെങ്കിൽ എന്റെ ദാസനായിരിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ബന്ധം ഉണ്ടാവണം അങ്ങനെ ഒരു ബന്ധവും തന്നോട് എനിക്കില്ല തന്റെ വീട്ടിലേക്ക് വരില്ല അപ്പൊ ഈ കൃഷ്ണനെ നിങ്ങളെങ്ങനെ സമത ഋഷി എന്ന് പറയും ഏത് കൃഷ്ണനാണോ ഗീത പറഞ്ഞത് ആ കൃഷ്ണനാണതാ കർണൻ രഥം പൊക്കാൻ നെക്കുമ്പോ അർജുന വെച്ച് കാച്ചങ്ങ എങ്ങനെ ബന്ധിക്കും എങ്ങനെ ബന്ധിക്കും സമദർശി അത് വളരെ സൂക്ഷ്മമാണ് ബ്രഹ്മവിദ്യ ഇതൊന്നും ഈ ഡൂസ് ആൻഡ് ഡോൺസ് വെച്ചുകൊണ്ട് ലോകവ്യവഹാരത്തിൽ ഇങ്ങനെ നോക്കാനല്ല വളരെ സൂക്ഷ്മമാണ് ഇത് മുഴുവൻ നമുക്കറിയാം അത്രേ ഉള്ളൂ നമ്മൾ പതുക്കെ ഇവിടെ പരമാത്മവസ്തു ഒന്നേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ട് വസിഷ്ഠൻ രാമനോട് പറയുന്നു ലോകേ വിഹര രാഘവാനം ലോകത്തിൽ കളിക്കൂ രാമായണം എല്ലാം ഒന്നാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ എങ്ങനെ കളിക്കും എന്നു വച്ചാൽ ബഹി കൃത്രിമ സംരംഭ അന്ത സംരംഭവർജിത കർത്താ ബഹിരകർത്താ ഈ സത്യം നല്ലവണ്ണം ഉറപ്പിച്ചിട്ട് പുറമേക്ക് കോപിക്കുന്നവനായിട്ടും ദേഷ്യപ്പെടുന്നവനായിട്ടും ചീത്ത വിളിക്കുന്നവനായിട്ടും ആളുകൾക്ക് ആജ്ഞ കൊടുക്കുന്ന ആളായിട്ടും അകമയ്ക്ക് അതൊന്നും ഇല്ലാതെയും പുറമേക്ക് സദാ പ്രവർത്തിച്ചുകൊണ്ടും അകമയ്ക്ക് ഒരു ചലനം പോലും ഇല്ലാതെയും ലോകത്തിൽ വിഹരിക്കുകയാണ് കളിക്കുകയാണ് ആശയി പോൽ ഉലകിൽ വിളയാട് വീര നമ്മൾ മഹർഷി ഇതിനെ വിവർത്തനം ചെയ്തപ്പോ അങ്ങനെയാണ് ആശയി പോൽ ഉലകിൽ വിളയാട് വീര എന്നാണ് ഈ സത്യം അറിഞ്ഞിട്ട് ആശയിപ്പോൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വല്ല ആശയമുണ്ടോ ഒരാശയം ഇല്ല വ്യവഹാരത്തിനനുസരിച്ച് ആ ശരീരം നിൽക്കണവരെ എന്തൊക്കെ ചെയ്യണോ അത് ഭംഗിയായിട്ട് കളിക്കും സന്യാസിയാണെങ്കിൽ സന്യാസിയെ പോലെ ഇരിക്കും ഗൃഹസ്ഥനാണെങ്കിൽ ഗൃഹസ്ഥനെ പോലെ ഇരിക്കും ഇനിയിപ്പോ കൃഷ്ണനെ പോലെ ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അതുപോലെ അപ്പോ നല്ലവണ്ണം വിവേചിച്ചറിഞ്ഞോളണം ഈ സത്യം അറിഞ്ഞതുകൊണ്ട് ഒരാള് ഒരു വസ്തുവിനും കൊള്ളാത്ത ആളാവുകയാണെങ്കിൽ അത് ശരിക്ക് പിടികിട്ടിട്ടില്ലാന്ന് അർത്ഥം ഒന്നിൽ സർവകർമ്മവിഹീനനായ സന്യാസി ആവണം അത് ചിലർക്ക് അങ്ങനെ ചിലരുടെ രീതി ചിലർക്കോ സർവ്വകർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുമായിരിക്കാം പക്ഷേ രണ്ടിലും തുല്യമായിട്ടുള്ളത് എന്താ ജ്ഞാനബലം ജ്ഞാന ബലം എങ്ങനെ ഇരിക്കുന്നു ഞാൻ കർത്താവ് അതുകൊണ്ടാണ് പറയുന്നത് ഈ വിദ്യയെ മനസ്സ് വെച്ചുകൊണ്ട് മനസ്സിലാക്കരുതെന്ന് മനസ്സ് വെച്ചുകൊണ്ട് മനസ്സിലാക്കിയാൽ ഓരോ സ്റ്റെപ്പും കോൺട്രഡിക്ഷൻസ് ആയിരിക്കും വിരോധാഭാസങ്ങളായിരിക്കും അതാണ് വെറുതെ കേൾക്കുക എന്ന് പറയുന്നത് വെറുതെ കേട്ടാൽ മതി പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ മറ്റൊരു തലത്തിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കും അപ്പോ ഉള്ളില് ശുദ്ധമായ പ്രജ്ഞ സച്ചിദാനന്ദം അത് അഹം അഹം അഹം എന്ന് ജ്വലിക്കുന്നു ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദയമാവുന്ന കുഹരത്തില് ഗുഹയില് ബ്രഹ്മം തന്നെ അഹമഹം എന്ന് പ്രകാശിക്കുന്നു അവിടെ ചെന്ന് ആ ഒരു തീർത്ഥത്തിൽ ഒന്ന് മുങ്ങിക്കുളിച്ചാൽ ആത്മാവാകുന്ന തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുക ആചാര്യസ്വാമികളുടെ ഭാഷയാണ് അതാണ് ഗംഗാസ്നാനം കാശി വേറെ പോയി ഗംഗയിൽ മണികർണിക ഘട്ടത്തിൽ കുളിച്ചുവോ എന്ന് ചോദിക്കും ആചാര്യസ്വാമികൾ പറയുന്നു മണികർണിക ഘട്ടം ഇവിടെ തന്നെ ഉണ്ട് കാശി ഇവിടെ തന്നെ ഉണ്ട് ഈ ശരീരം തന്നെ കാശി ക്ഷേത്രം ജ്ഞാനമാവുന്ന ഗംഗാ ഉള്ളിൽ പ്രവഹിക്കണം മനോനിവൃത്തി പരമോപശാന്തി സീർത്ഥവര് മണികർണികമലാദിഗംഗ സാശികഹം നിജബോധരൂപ കാശി എന്താണ് അഹം നിജബോധരൂപ നിജബോധരൂപമായ കാശി ആത്മാവാണ് കാശി കാശി എന്നുള്ള വാക്കിന് അർത്ഥം പ്രകാശിക്കുന്നത് എന്നർത്ഥം വെളിച്ചം വീശുന്നത് എന്നാണ് അർത്ഥം യഥാർത്ഥ വെളിച്ചം എവിടെ വീശുന്നു ആത്മാവിൽ ആ കാശിയിലേക്ക് പോവാൻ എന്താ വഴി നാല് കാശി ചെലവില്ല ട്രെയിനിൽ പോകണ്ട ഇടികൊള്ളണ്ട ഇവിടെ ഇരിക്കുമ്പോ തന്നെ കാശിയിലേക്ക് പോവാം എങ്ങനെ അതാണ് യഥാർത്ഥ കാശിയിലേക്ക് പോകുക ശ്രേഷ്ഠമായ കാശി യാത്ര എന്താ മനോനിവൃത്തിഹീന പുറമേക്ക് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ പതുക്കെ അതിന്റെ മൂലത്തിൽ കൊണ്ടുവന്ന് നിർത്താം എന്നുവെച്ചാൽ മനസിന്റെ മൂലമെന്താ അഹങ്കാരം അഹങ്കാരത്തിന്റെ മൂലമെന്താ അഹംബോധം ആത്മാവ് പരമ ഉപശാന്തി പരമമായ അടക്കം അടങ്ങുമ്പോ ഉള്ളിലൊരു കുളിർമ ആ കുളിർമ തന്നെ മണികർണിക ഘട്ടം എന്നാണ് സാ തീർത്ഥവര്യാ അതാണ് തീർത്ഥവര്യ തീർത്ഥശ്രേഷ്ഠം സാതീർത്ഥപര്യാ മണികർണിക്കാച്ച് അവിടെ നിന്ന് ഒഴുകുന്ന ജ്ഞാനപ്രവാഹം ജ്ഞാനപ്രവാഹ വിമലാദിഗംഗ വിമലം അതിശുദ്ധമായ ആദിഗംഗയാണത് ഇപ്പോൾ ഉള്ള ഗംഗയല്ല ഇപ്പോഴുള്ള ഗംഗ പൊല്യൂട്ടഡ് ആയിരിക്കുന്നു കാശിയിലുള്ളവരൊന്നും ഗംഗയിൽ കുളിക്കില്ലേ എന്താന്ന് വെച്ചാൽ സുഖകെടുപിടിക്കുമെന്ന് പേടി ഋഷികേശില് പോയപ്പോ ഒരു സ്വാമി പറഞ്ഞു ദിവസം കുളിക്കണ്ടാട്ടോ വാദം വരും അവര് ബാത്റൂമില് ചുടുവെള്ളമൊക്കെ വെച്ച് കുളിക്കാൻ അപ്പൊ യഥാർത്ഥ ഗംഗ എവിടെ ആദിഗംഗ ആദിഗംഗ എവിടെ ഉണ്ട് നമ്മളുടെ ഉള്ളിലുണ്ട് ഭഗീരഥന്റെ പ്രയത്നം ചെയ്ത് നമ്മളും കൊണ്ടുവരണം ആ ഗംഗെ സതീർത്ഥവര്യാ മണികർണികാ ച്ഞാനപ്രവാഹ വിമലാദിഗംഗ സാകാശികാഹം നിജബോധരൂപ ആ കാശിക്ക ഞാനാണ് കാശിയേ ഞാനാണ് സർവം ഖൽവിതം ബ്രഹ്മ എന്ന മഹാവാക്യത്തിന്റെ അർത്ഥം കൂടെ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ അടങ്ങി ഇനി മൂന്നാമത്തെ ശ്ലോകം ഉപദേശ മഹാവാക്യമാണ് ഉപദേശമാണ് അതായത് ഗുരു ശിഷ്യന് ഉപദേശിക്കുന്നത് ഒരാള് മറ്റൊരാളോട് പറയുന്ന രീതിയിലുള്ള മഹാവാക്യം ആദ്യത്തത് ലക്ഷണം രണ്ടാമത്തത് അനുഭവം മൂന്നാമത്തത് ഉപദേശമാണ് ചൂണ്ടിക്കാണിക്കലാണ് ചൂണ്ടിക്കാണിക്കുന്ന ആളെയാണ് ദേശികൻ എന്ന് പറയുന്നത് ദിശതീതി ദേശിക ഗുരുവിന് ദേശികൻ എന്നൊരു പേര് വരാൻ കാരണം അങ്ങനെയാണ് കൈ ചൂണ്ടിക്കാണിക്കും എവിടെ നമ്മളിലേക്ക് തന്നെ കൈ ചൂണ്ടിക്കാണിക്കും ഉപദേശം എന്താ സാന്തോഗ്യോപനിഷത്തിലെ മഹാവാക്യം മവേദത്തിലെ മഹാവാക്യമാണ് തത്വ് തത് എന്ന് വച്ചാൽ ആദ്യത്തെ ശ്ലോകം കൊണ്ട് ഏതൊരു പ്രജ്ഞാനത്തിനെ പറഞ്ഞു ആ പ്രജ്ഞാനം ത്വം ത്വം എന്ന് വെച്ചാൽ രണ്ടാമത്തെ മഹാവാക്യത്തിൽ അഹം എന്ന് പറഞ്ഞുവല്ലോ ആ അഹം അത് തന്നെയാണ് ബ്രഹ്മം ആ ബ്രഹ്മം നീ തന്നെ ആകുന്നു പരമസത്യം നീ തന്നെ ആകുന്നു നിന്നിൽ തന്നെ അന്വേഷിച്ച് കണ്ടെത്തും അനുഗ്രഹ മഹാവാക്യം എന്നും പറയും ഇതിന് വെച്ചാൽ എത്രയോ ജന്മവുമായി സമാധാനവും നമ്മളുടെ ദുഃഖത്തിന് പരിഹാരം തേടി പല വസ്തുക്കളെ അന്വേഷിച്ച് ഓടി നടന്ന് നടന്ന് നടന്ന് ക്ഷീണിച്ചുപോയി ലൗകികത്തിനെയൊക്കെ വിട്ട് വൈദികത്തിൽ വന്ന് കുറെ കർമ്മങ്ങളൊക്കെ ചെയ്തു അതിലും ക്ഷണിച്ചു പോയി പിന്നെ അനേക ദേവതകൾ ഈ ദേവൻ ആ ദേവൻ അല്ലേ അതിൽ കൊളേ കുറെ തളർന്നു പോയി ഇപ്പോഴൊക്കെ നോക്കുക അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരിക എന്തൊക്കെ പൂജകൾ ആളുകൾ ചെയ്യണമെന്ന് അറിയോ ഭക്തിയിലൊരു ദേവനെ പൂജിച്ചാൽ പോട്ടെ സകലവിധത്തിനും അത് പൂജാന്ന് വെച്ചാൽ വെറും ആരാധനാഭാവമാണെങ്കിൽ വേണ്ടില്ല ഇതൊക്കെ പേടികൊണ്ടും ആഗ്രഹം കൊണ്ടും ഇനിയൊന്നും ബാക്കിയില്ല അമ്പലങ്ങളിൽ ഒരു പ്രതിഷ്ഠ ഉള്ള അമ്പലമാണെങ്കിൽ പ്രയോജനപ്പെടില്ല എല്ലാ അമ്പലത്തിലും എല്ലാ പ്രതിഷ്ഠയും വേണം വേണ്ടതും വേണ്ടതും അത് എന്ത് പ്രതിഷ്ഠയിലും സിൻസിയറിറ്റിയില്ല എന്തിനാ പ്രതിഷ്ഠ ചെയ്യും ഭക്തിക്ക് വേണ്ടിയൊന്നും അല്ല വെറും വേഷം കിട്ടും ഏത് മൂർത്തിയെ പ്രതിഷ്ഠിച്ച ആള് വരും അതാണ് നോക്കുന്നത് ഏത് മൂർത്തിയെ പ്രതിഷ്ഠിച്ച ആൾ വരും ഇനിയിപ്പോൾ മൂർത്തി അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് പ്രതിഷ്ഠിക്കാം കുറെ നാഗം നവഗ്രഹം നവഗ്രഹ ബോംബെയിലൊക്കെ പോയാൽ അമ്പലങ്ങൾ സ്ഥലമേ ഉണ്ടാവില്ല അതിന്റെ നടുവില് ഒരു പത്ത് പ്രതിഷ്ഠ നവഗ്രഹപ്രതിഷ്ഠയും ഉണ്ടാവും എന്തിനാ അപ്പോഴേ തിരക്ക് വരുള്ളൂ ശനിയാഴ്ചയൊന്നും അമ്പലത്ത് കയറാൻ പറ്റില്ല ശനിയെ ഐസ് വയ്ക്കാനുള്ള തിരക്ക് അപ്പൊ ഈ അജ്ഞാനത്തിന്റെ കൂട് കൂരിട്ട് അനിർത്ത പരമ്പരാന്നാണ് കുരുടന്മാരുടെ ഘോഷയാത്ര ആചാര്യസ്വാമികളുടെ വാക്കാണ് കുരുടന്മാരുടെ ഘോഷയാത്ര ഇതിൻ്റെ ഉള്ളിലൊക്കെ പെട്ട് പെട്ട് പെട്ട് പെട്ട് വലഞ്ഞ് തളർന്നുപോയി സകലത്തിലും പെട്ട് തളർന്നു പോയ ജീവനെ ചുമ്മായിരിക്കുകയെന്ന് പറയണ ഗുരു ആണോ വേണ്ട എല്ലാം എടുത്ത് കളഞ്ഞ് പരമമായ ആശ്വാസം ഗ്രേറ്റസ്റ്റ് റിലീഫ് ആ ജീവൻ എല്ലാ ബന്ധത്തിന്റെ ചെടുക്കുന്നും പുറത്തെടുത്ത് കർമ്മവിഹീനമായ സ്വസ്വരൂപസ്ഥിതിയിൽ ഇരുത്തുന്ന മഹാവാക്യമാണ് തത്വമസി ആചാര്യസ്വാമികൾ തന്നെ ഒരിടത്ത് പറയുന്നു അഹോ കഷ്ടം എന്നാണ് ഈ ലോകത്തിനെ ഞാൻ എന്തു പറയാനാ ശങ്കരാചാര്യരുടെ ദുഃഖം നമ്മള് ശങ്കരജയന്തി പൂജയൊക്കെ ചെയ്യും പക്ഷെ ശങ്കരാചാര്യർ പറഞ്ഞൊന്നും കേൾക്കില്ല ശങ്കരാചാര്യരുടെ ഒരു ദുഃഖം എന്താ വെച്ചാൽ ആചാര്യസ്വാമികൾ പറയുന്നു അദ്ദേഷ്ടമീതി നവമീതി ചതുർദശീതി ജ്യോതിഷ്കവാക്യാസ്വോതി വാക്യം ഈ ലോകത്തിലെ ഏറ്റവും വലിയ അദ്ഭുതം എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ വേദം ഗർജിക്കുന്നു തത്വമസി അത് കേൾക്കല് പിന്നെ എന്തു ചെയ്യും നവമീതി ചതുർദശീതി ജ്യോതിഷ്കവാചേ ഉപവസന്തി ഭക്തി ജ്യോതിഷം അത് ഇത് എന്നൊക്കെ കേട്ടിട്ട് ഇന്ന് അഷ്ടമിയാണ് നവമിയാണ് ചതുർദ്ദശിയാണ് അതിനീ പൂജ ചെയ്യണം മറ്റേതിനെ പൂജിക്കണം അവിടെ പോയി ആരാധിക്കണം ഇവിടെ പോകണം എന്നൊന്നു ഓടി karuna sahasre അപാര കരുണ സഹസ്രേ സഹസ്രാഭ്യ ജനനീഭ്യ കരുണാമയീ ശ്രുതി ആയിരം അമ്മമാരെക്കാളും കരുണയോടുകൂടെ വേദമാതാവ് തത്വമസി എന്ന് പറയുമ്പോൾ അത് ചെവികൊള്ളാൻ കരുത്തു വരാ എന്നാണ് തത്വമസിവാക്യം വിശ്വസന്തി അത്ഭുതമേതയവ ഇതിനേക്കാളും വലിയ അത്ഭുതം എന്താ ഉള്ളത് ഇത്ര പേടി തൊണ്ടന്മാരായിട്ട് ഇരിക്കണമല്ലോ ലോകത്തിലുള്ളവര് എന്നാണ് ഇത്രയും പേടിച്ച് ജീവിതം തൊലച്ചു കളയുന്നു എന്നാണ് അപ്പോ മഹാവാക്യം അനുഗ്രഹ മഹാവാക്യം എന്ന് പറയാനേ കാരണവതാണ് നമ്മളുടെ സകല ദുഃഖത്തിനുമുള്ള പരിഹാരം സകല പ്രശ്നത്തിനും ഒരു ഉപരമം വൈഷമ്യങ്ങൾക്കൊക്കെ ഒരു അവസാനം സ്വാതന്ത്ര്യത്തിന്റെ മുഴുവനും ഉറവിടത്തിനെ നമ്മളിൽ തന്നെ കാണിച്ചു തരുന്നുവെന്ന് എന്നിൽ തന്നെ കാണിച്ചു തരുന്നു ഹൃദയസ്ഥാനത്തിൽ കാണിച്ചു തരുന്നു പക്ഷേ അങ്ങനെയുള്ള ഒരു ഗുരുവിനെ ആശ്രയിക്കാൻ പോലും വളരെ കഴിഞ്ഞിട്ടേ തോന്നുള്ളൂ അധ്യാത്മ എന്ന് പറഞ്ഞു വന്നാലും ഇവിടെയും പലതരത്തിലുള്ള ആളുകളുണ്ട് ലോകത്തിൽ ബഹുഭൂരിപക്ഷവും സിദ്ധന്മാരുടെ അടുത്തേക്കേ പോകുള്ളൂ ജ്ഞാനത്തിലേക്ക് വരില്ല സിദ്ധന്മാരുടെ അടുത്തേക്കേ പോകുള്ളൂ അവര് അവരുടെ ചുവട്ടിൽ ധാരാളം ആളുകളെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അവരുടെ അടുത്ത് പോയാൽ ഉപദേവതകളുടെ അടുത്ത് പോകുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും കുടുംബ പ്രശ്നങ്ങളൊക്കെ തീരും വൈഷമ്യങ്ങളൊക്കെ തീരും തൽക്കാല സുഖ സൗകര്യങ്ങളൊക്കെ ഈ ദേവതകളിൽ നിന്ന് കിട്ടുന്ന പോലെ കിട്ടും അപ്പോഴും ജ്ഞാനത്തിലേക്ക് വരില്ല ഈ ജീവനെ എവിടെയെങ്കിലുമൊക്കെ ആരെയൊക്കെ ആശ്രയിച്ച് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനേ നോക്കുള്ളൂന്നല്ലാതെ സത്യത്തിലേക്ക് വരട്ടെ അതും ഒക്കെ പരീക്ഷിച്ച് അവസാനം തളർന്നു പോണം എന്നാണ് ഇവിടെ ഒന്നും പക്ഷെ ഈ ജീവൻ നിക്കില്ല പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് ൗകികമൊക്കെ വിട്ടു വൈദികം വൈദികവും കടന്നു വന്ന് ഈ അധ്യാത്മ മണ്ഡലത്തിൽ വന്നാലും സിദ്ധന്മാരായിട്ടുള്ളവരും യോഗ തലത്തിൽ നിൽക്കുന്നവരും ഇങ്ങനെ പലരെയും കടന്ന് അവസാനമാണ് ഇതൊക്കെ നശ്വരമാണെന്ന് അറിയാം എല്ലാം അസ്തമിക്കും അപ്പൊ അനശ്വരമായ സത്യം എവിടെ എന്ന് അന്വേഷിച്ചു തുടങ്ങും ശശ്വന്തശ്വരമേവ വിശ്വമഖിലം വിശ്വം എന്ന് വെച്ചാൽ താൻ പരീക്ഷിച്ച അനുഭവമണ്ഡലം മുഴുവനും താൻ കടന്നു വന്ന അനുഭവ മണ്ഡലങ്ങൾ മുഴുവനും നശ്വരമേവ വിശ്വമ നിശ്ചിത്യ നല്ല വണ്ണം ഉറപ്പിച്ചു എങ്ങനെ ഉറപ്പിച്ചു ഓരോന്നിലും വീണ് വീണ് വീണ് വീണു പഠിച്ചു അപ്പൊ എന്താ ഇനി അങ്ങനെ പോകരുത് എന്നാണ് കഴിഞ്ഞു അതൊക്കെ പരീക്ഷിച്ച് പരീക്ഷിച്ച് പരീക്ഷ്യ ലോകാൻ കർമ്മജിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്തി അകൃതകൃതേന ഇതൊന്നും പരമമായ ഉപശാന്തി പൂർണത്വം ഒരു കർമ്മം കൊണ്ടും കിട്ടില്ലാന്ന് ഉറപ്പിച്ചു ഇനിയിപ്പോ സ്വാതന്ത്ര്യം വേണം എന്നാണ് ഇനി പശുവായിട്ടിരിക്കാൻ വയ്യ എന്നാണ് അതാണ് ശ്രുതി പറയണത് ഇനി പശുവായിട്ടിരിക്കാൻ വയ്യ പരീക്ഷത്തിനോടും സുഖബ്രഹ്മ മഹർഷി പറഞ്ഞു പരീക്ഷത്തെ ഈ പശുവായിട്ടുള്ള സ്ഥിതി അവസാനിപ്പിക്കും ആടുകളുടെ കൂട്ടത്തിൽ കടന്നു ഒരു സിംഹം എന്നിട്ടും പ്രസവിച്ചു മരിച്ചുപോയി ആ സിംഹക്കുട്ടി ആടുകളുടെ കൂട്ടത്തിൽ തന്നെ വളർന്നു ആ സിംഹക്കുട്ടി വിചാരിച്ചു താനും ഒരാടാണെന്ന് വിചാരിച്ചു ആടുകളും അതൊരു ആട്ടുകുട്ടിയാണെന്ന് വിചാരിച്ചു അത്രേ ആടുകളെ പോലെ മേ മേ നിലവിളിക്കാനൊക്കെ വിഷമിച്ചു പഠിച്ചു ആടുകൾ തിന്നുന്ന പോലെ പുല്ല് തിന്നു ആടുകളുടെ കൂട്ടത്തിലൊക്കെ വളർന്നു കുറെ കഴിയുമ്പോ ഇതിന് ഇടക്കിടയ്ക്ക് തോന്നും താൻ ഇതിൽ പെട്ടതല്ല കരി സിംഹ അമ്മയുടെ അടുത്ത് പോയി പറയും അയ്യേ എനിക്ക് വയ്യ എന്ന് പറയുന്നു അപ്പൊ അമ്മ പറയും അങ്ങനെയൊന്നും പാടില്ല എല്ലാവരുടെ കൂടെയും ഇരിക്കണം എല്ലാരെ പോലെയും നമ്മളും ഇരിക്കണം എന്ന് പറയും അപ്പൊ വീണ്ടും അവരെ പോലെയൊക്കെ പോയി പുല്ല് തിന്നിട്ടും ആടുകളെ പോലെ നിലവിളിച്ചും ഒക്കെ ശബ്ദിച്ചും ഒക്കെ നിൽക്കും മറ്റാടുകൾക്കും പ്രത്യേകത തോന്നും പക്ഷെ കൂടെ ജനിച്ചു വളർന്നതാണല്ലോ ഇതിന് മറ്റുള്ളവരുടെ ഒന്നും ഇഷ്ടമാവില്ല അവർക്കൊരു സ്കൂളുണ്ട് ആ സ്കൂളില് മഞ്ഞറിലിക്കായ തിന്നാൽ എന്തു സ്വാദ് റബ്ബറിന്റെ കൊട്ടതിന്നാൽ എങ്ങനെയുണ്ടാവും ഏതാണ് തിന്നാവുന്നത് ഏതാ തിന്നാൻ പാടില്ലാത്ത ഇതിനെ കുറിച്ച് കണക്കിന് പ്രസംഗം ചെയ്യും ഈ സിംഹത്തിന് ബോറടിക്കുന്നു എന്താ വീടിനെയൊക്കെ കുറിച്ചും അങ്ങനെ ഈ നടന്ന് നടന്ന് രാമകൃഷ്ണപുരം സർ പറയുന്ന ഒരു കഥയാണ് രസമായ കഥ വി സിംഹക്കുട്ടി പറയാ അമ്മേ ഞാനീ നീ സ്കൂളിൽ പോകില്ല അവിടെ പോയാൽ ഒരു മഞ്ഞറിലിക്കായെ കുറിച്ച് ഒരു മണിക്കൂർ ക്ലാസ് പഴത്തിന്റെ തോലിനെ കുറിച്ച് അരമണിക്കൂർ ക്ലാസ് ഇതൊക്കെ എന്താ ഞാനിപ്പോ പോയിട്ട് പഠിക്കാ അമ്മ പറഞ്ഞു അങ്ങനെയൊന്നും പാടില്ല ഇതൊക്കെ പഠിച്ചാലല്ലേ നാളെ നമുക്ക് വലുതാവാൻ പറ്റുള്ളൂ നാളെ നമുക്ക് മഞ്ഞറിലിക്കായ തിന്നണം പഴത്തിന്റെ തോല് തിന്നണം വാഴയുടെ ഇല തിന്നണം വേലി കടന്ന് ചാടണം ഇതൊക്കെ പഠിക്കണം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ആടുകളുടെ ക്ലാസ്സിൽ എന്താണ് മുഖ്യമായിട്ട് സൂക്ഷിക്കേണ്ടത് കാട്ടിന്റെ വക്കിൽ പോകുമ്പോൾ സിംഹം പുലി മുതലായ പ്രാണികൾ വരും അവയെ കണ്ടാൽ ഓടിക്കൊള്ളണം അപ്പൊ സിംഹം എന്ന് പറഞ്ഞോണ്ടെ ഇതിന്റെ ഉള്ളിൽ എന്തോ തുള്ളി അവർ പറയുന്നത് പോവാൻ പാടില്ലാന്നാണ് പക്ഷെ എന്തോ ഉള്ളിലൊന്നു തുള്ളി പോവാൻ പാടില്ല എന്നാണോ പറഞ്ഞത് പേടിപ്പെടുത്തിയതാണോ പക്ഷെ ഈ ആട്ടുകുട്ടി എന്ന് വിചാരിച്ചിരിക്കുന്ന സിംഹക്കുട്ടിയുടെ ഉള്ളിൽ എന്തോ തുള്ളി എന്നാലും അടുത്ത ദിവസം ആ ക്ലാസ്സിൽ മാത്രം വന്നിരുന്നു നമ്മൾ പോവാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ എന്ന് പറയുന്ന ക്ലാസ്സിന് പിന്നെ ഇവരെ പുല് തിന്നുമ്പോ നിലവിളിക്കുന്ന ശബ്ദം കേട്ടു ദാ സിംഹം വരുന്നു ഓടിക്കോളൂന്ന് അപ്പൊ ഇതും പേടിച്ച് ഓടി ഓടുന്ന സമയത്ത് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി ആ സിംഹം ഒരു സിംഹം അവിടെ നിൽക്കുന്നത് കണ്ടു ആ ആടിനെ പിന്നെ ആ സിംഹത്തിനെ മറക്കാനേ കഴിഞ്ഞില്ലേ രാവും പകലും അതിനും തനിക്കും എന്തോരഗാധ ബന്ധം ഉള്ളതായിട്ട് ആ സിംഹത്തിനും തനിക്കും ഒന്നും പിരിയാൻ കഴിയാത്ത ഒരു ബന്ധമുള്ളതായിട്ട് തോന്നി വീട്ടിൽ അമ്മയോട് പോയി പറഞ്ഞു ഞങ്ങൾ സിംഹത്തിനെ കണ്ടു അയ്യോ ഇനി അങ്ങോട്ട് പോകരുത് കേട്ടോ എന്നൊക്കെ അമ്മ പറഞ്ഞുവെങ്കിലും ഈ ആടിന് സിംഹത്തിനെ തന്നെ ഓർമ്മ ആ സിംഹവും കണ്ടു ഇത് ആട്ടിന്റെ കൂട്ടത്തിൽ ഒരു സിംഹക്കുട്ടി ആ സിംഹം നിശ്ചയിച്ചു ഇതിനെ എങ്ങനെയെങ്കിലും ഒക്കെ പിടിക്കണം അടുത്ത ദിവസവും സിംഹം അവിടെ വന്ന് നിന്നു ഗർജിച്ചു വീണ്ടും ആടുകൾ ഓടി ഈ സിംഹക്കുട്ടി ഓടുമ്പോ ആ സിംഹം വലിയ സിംഹം പുറകെ ചാടി വീണു ചാടി വീണ് ഈ കുട്ടി സിംഹത്തിനെ പിടിച്ചു നിർത്തി ഇതോ യോന്ന് ആടിനെ പോലെ മേ മേ മേ നിലവിളിക്ക നിലവിളിക്കുമ്പോ അതിനെ പിടിച്ചു ഈ വലിയ സിംഹം പറഞ്ഞു കരയരുത് നീ സിംഹമാണ് എന്ന് പറഞ്ഞ് ഗർജിച്ചിട്ട് വിട്ടിട്ട് നീ ആടല്ലാ സിംഹമാണ് വിട്ടതും ഇത് ജീവൻ കിട്ടിയല്ലോ ഓടി പക്ഷെ ഓടുമ്പോഴൊക്കെ ഉള്ളിൽ എന്തോ ഒരു ആനന്ദം തനിക്ക് തന്നെ കിട്ടിയ പോലെ ഒരു ആനന്ദം ഒരു സന്തോഷം ഞാൻ വീട്ടിൽ പോയ ആട് ഈ ആട്ടുകുട്ടിയുടെ അമ്മ സിംഹക്കുട്ടിയുടെ അമ്മ ആടാണോ ആടാണല്ലോ വളർത്തിയത് ആട് ചോദിച്ചോ അയ്യോ കുഞ്ഞെ സിംഹത്തിനിന്ന് രക്ഷപ്പെട്ടുപോയി എങ്ങനെയോ രക്ഷപ്പെട്ടു ആ സിംഹം എന്നെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു നീ സിംഹമാണെന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഞാനൊരാടല്ലേ അതെ നീ ഒരാടാണ് എല്ലാവരും ആടാണ് ആടാണ് പറഞ്ഞു കൊടുത്തു പക്ഷെ ആ സിംഹമാണ് എന്ന് സത്യധ്വനി ഉള്ളിലിങ്ങനെ ധ്വനിച്ചുകൊണ്ടിരിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ നീ ആടാണ് ആടാണ് പലരോടും ചോദിച്ചു നോക്കി ഞാൻ സിംഹമാണു ഏ നീ എങ്ങനെ സിംഹമാവും ഞങ്ങളുടെ കൂടെയല്ലേ വളർന്ന ആടാണ് പക്ഷെ രാത്രി ഉറക്കം വരുന്നില്ലേ സിംഹമാണ് എന്ന് ചിന്തിക്കുമ്പോൾ എന്തോ ശക്തി സിംഹമാണ് എന്ന് വിചാരിക്കുമ്പോൾ എന്തോ ഒരു ആനന്ദം പക്ഷെ ആലോചിച്ച് നോക്കുമ്പോ സ്വീകരിക്കാൻ പറ്റില്ലേ ഞാൻ ആട്ടിന്റെ കൂട്ടത്തിൽ വളർന്നു എന്റെ അമ്മ ആടാണ് അച്ഛൻ ആടാണ് ഞാൻ ആടുകളുടെ കൂട്ടത്തിലാണ് എല്ലാവരും എന്നെ ആട് എന്ന് പറയണു ആ സിംഹം അപ്പൊ പറഞ്ഞത് കള്ളമായിരിക്കണം എന്ന് ബുദ്ധി പറയണു പക്ഷെ ഹൃദയം പറയണു ഞാൻ സിംഹമാണ് സിംഹമാണെന്ന് പറയുന്നു അടുത്ത ദിവസവും നീ സിംഹത്തിനെ എവിടെയെങ്കിലുമൊക്കെ കാണുവോന്ന് കണ്ണുകൊണ്ട് ഇങ്ങനെ ആരാഞ്ഞതേ ആരാഞ്ഞുകൊണ്ടേ നിന്നു ദൂരത്ത് ആ സിംഹം വെറുതെ നിന്നു അത്ര അടുത്തേ വന്നില്ല പതുക്കെ പതുക്കെ പതുക്കെ ഈ സിംഹക്കുട്ടി ആടുകളുടെ കൂട്ടം വിട്ട് ആരും കാണാതെ ഈ സിംഹത്തിനെ തെരഞ്ഞുകൊണ്ട് പോകും ആ സിംഹം അവസാനം ഇതിനെ പിടിച്ചു നിർത്തി പറഞ്ഞുകൊടുത്തു നീ സിംഹമാണെന്ന് ധ്യാനിക്കൂ സിംഹമാണെന്ന് പറയുമ്പോ എനിക്ക് സത്യമാണെന്ന് തോന്നുന്നില്ലേ അതേ തോന്നുന്നു എന്തോ ആനന്ദം തോന്നുന്നു ശക്തി തോന്നുന്നു അതാണ് സത്യം നീ ധ്യാനിക്കൂ നോക്കൂ എനിക്ക് സടമുണ്ട് തനിക്കുമുണ്ട് എനിക്ക് നഖമുണ്ട് തനിക്കും ഉണ്ട് ആടുകൾക്കുണ്ടോ അവസാനം വിളിച്ചു ഒരു കുളത്തിൽ കൊണ്ട് നിർത്തി കുളത്തിൽ പ്രതിബിംബം കാണിച്ചു കൊടുത്തു അപ്പതാ രണ്ടു ഒരേ പോലെ ഇതൊക്കെ സമ്പ്രദായം ആദ്യ ഉപദേശം പിന്നെ പതുക്കെ പതുക്കെ നമ്മളുടെ ലക്ഷണം സ്വരൂപ ലക്ഷണം കാണിച്ചു തരികയാണ് എന്നിട്ട് അവസാനം പറഞ്ഞു ഗർജിക്കൂ എന്ന് പറഞ്ഞത്രോർ അത് മേ മേനെ ശബ്ദം വരണുള്ളൂ അതിനെ നല്ലവണ്ണം വായതുറന്ന് ഗർജിക്കാൻ കാണിച്ചു ഗർജിച്ചപ്പോ ആ താനാണെന്ന് ഉറച്ചു അതുവരെ ഗർജിക്കാൻ ഒരു പേടി അത് എങ്ങനെ ഗർജിക്കും എങ്ങനെ ഞാൻ ഒരാടല്ലേ ഞാൻ സിംഹം എന്ന് പറഞ്ഞ് ഗർജിച്ചാൽ ശരിയാവോ ഇങ്ങനെ പേടിച്ച് പേടിച്ച് പേടിച്ച് നിന്ന് അവസാനം ആ പേടി വലിച്ചെറിഞ്ഞ് സിംഹമായി അങ്ങോട്ട് ഒരു ഗർജനം ചെയ്തപ്പോ തെളിഞ്ഞു പിന്നെ അങ്ങട് പോയതേ ഇല്ല ആടുകളുടെ ഇടയ്ക്ക് പോയതേ ഇല്ല ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന ഒരു കഥയാണത് ഇങ്ങനെയാണ് സദ്ഗുരുവിന്റെ തത്വമസി മഹാവാക്യ ഉപദേശം അതാദ്യം കേൾക്കുമ്പോൾ വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിലൊരു അടുത്ത് പ്രസംഗം ചെയ്തപ്പോൾ നീ ബ്രഹ്മമാണ് നിങ്ങളുടെ സ്വരൂപം ബ്രഹ്മമാണ് നിത്യശുദ്ധ മുക്തസ്വരൂപമായ സത്യമാണ് ആളുകൾ കേൾക്കുമ്പോൾ എന്തോ ഒരു ലോകത്തിൽ പോകും പിന്നെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താ പറയണതൊന്നും മനസ്സിലാവണില്ല എന്ന് പറയുന്നു അവസാനം ഒരു കുട്ടി എഴുന്നേറ്റെന്ന് പറഞ്ഞു സ്വാമി നിങ്ങളെ ഹിപ്പനോട്ടൈസിയാണോ എന്ന് പറഞ്ഞു സ്വാമി ചിരിച്ചു കൊണ്ട് പറഞ്ഞു നോ മൈ ഡിയർ ചൈൽഡ് ഐ എം ഡി ഹിപ്പനോട്ടൈസിംഗ് യു യു ആർ ഓൾറെഡി ഹിപ്പനോട്ടൈസ്ഡ് ഞാൻ നിങ്ങളെ ഹിപ്പനോട്ടൈസ് ചെയ്യുകയല്ല നിങ്ങളെ മായ ചെയ്തു വെച്ചിരിക്കുന്ന ഹിപ്പനോസിൽ നിന്ന് എഴു എഴുന്നപ്പിക്കാണ് ഉണർത്തുകയാണ് എഴുന്നേക്കൂ ഈ ശരീരമാണ് ഞാൻ ഈ കൊച്ചു ജീവനാണ് ഞാൻ ദുർബലനാണ് എന്നെ കൊണ്ടൊന്നും കഴിയില്ല എനിക്കൊന്നും ആവില്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു മായ അനന്തമായ സത്യത്തിനെ പരിച്ഛിന്നമാക്കി വെച്ചിരിക്കുക അപരിച്ഛിന്നമായി ഉണരൂ ഉപദേശ മഹാവാക്യമാണ് ഈ മൂന്നാമത്തെ ശ്ലോകം ശശ്വനശ്വരമേവ വിശ്വമഖിലം നിശ്ചിത്യം നിത്യം ബ്രഹ്മനിരന്തരം വിമർശതാ നിർവ്യാജാന്താത്മന വിശ്വം മുഴുവൻ അനുഭവമണ്ഡലം മുഴുവൻ നശ്വരമെന്ന് കണ്ടു മാറ്റിവെച്ച് വാചാ ഗുരു ഗുരുവിന്റെ വാക്ക് ഈ സിംഹം ആദ്യം പറഞ്ഞ പോലെ ഒന്നു പറഞ്ഞു കേട്ടു അതാണ് ആദ്യത്തെ ശ്രവണം പിന്നെയോ നിത്യം ബ്രഹ്മ നിരന്തരം വിമർശത വീണ്ടും വീണ്ടും വിമർശനം ചെയ്ത് നിരന്തരം അതിനെ സന്തത്തം ശലിപ്പര സന്തോഷമാകവേ രമണർ വാർത്തയത് സന്തതം എപ്പോ ആവതും ഒരുക്കാർ അല്ല എപ്പവും സന്തതം ശലിപ്പരം ചലിച്ചു പോവാതെ സന്തോഷമാകവേ ആനന്ദമായിട്ട് അതും എങ്ങനെ നിർവ്യാജാന്താത്മന മനസ് ശാന്തമായ മനസ്സുകൊണ്ട് വിചാരം ചെയ്യൂ എങ്ങനെയുള്ള ശാന്തമായ മനസ്സ് നിർവ്യാജാന്തി വ്യാജമായ ശാന്തിയല്ല വ്യാജമായ ശാന്തി എന്താ മനസ്സല്പനേരത്തേക്ക് അടങ്ങിയിരിക്കേ പിന്നെയും അനേക വിചാരങ്ങളായി പൊന്തും വിരിയും അങ്ങനെ അല്ലാതെ നിർവ്യാജം കളങ്കമറ്റതായി ശാന്തിയോടുകൂടിയ ബുദ്ധി നിർവ്യാജാന്താത്മനം ഭാവി പ്രദഹത ഭൂതം കഴിഞ്ഞുപോയത് ഭാവി വരാൻ പോണത് ഇതൊക്കെ ആഗാമി സഞ്ജീതം പ്രാരബ്ധം ആ മൂന്ന് കർമ്മം അതാണ് ഭൂതം ഭാവിച ദുഷ്കൃതം പ്രദഹത അതിനെ ചുട്ടുചാരമാക്കുക എങ്ങനെ സംവിന്മയേ പാവക്കെ ജ്ഞാനമാകുന്ന പാവകൻ അഗ്നി ജ്ഞാനമാവുന്ന അഗ്നിയിൽ ഭൂതകാലവും ഭാവി കാലവും വർത്തമാനകാലവും ഉള്ള കർമ്മങ്ങളെ സഞ്ചിതം ആഗാമി പ്രാരബ്ധം മുതലായ മൂന്ന് കർമ്മങ്ങളെയും പ്രദഹത ദഹിപ്പിക്കീരം ഉണ്ടല്ലോ അത് എരിച്ചു ശരീരം നിൽക്കുന്നു ശരീരത്തിന് എന്തു ചെയ്യും samarpitam പ്രാരബ്ധായ സമർപ്പിതം സ്വവപ്പുഹു ഈ ശരീരത്തിനെ വിട്ടുകൊടുത്തു എന്നാണ് ആർക്ക് വിട്ടുകൊടുത്തു പ്രാരബ്ധ കർമ്മത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഏ പ്രാരബ്ദ കർമ്മ ഇങ്ങനെ ഇങ്ങോട്ട് വരൂ എനിക്ക് അല്പം ജോലി തരക്കൊണ്ട് ഈ ശരീരത്തിനെ നോക്കിക്കൊള്ള എന്നാണ് എന്തു വേണമെങ്കിൽ ചെയ്തോളൂ ഇത് കൊണ്ട് സുഖിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചക്രവർത്തിയാക്കി ഇരുത്തുകയോ എല്ലാ ഭിക്ഷുവാക്കി നടത്തുകയോ എങ്ങനെ വേണമെങ്കിൽ വെച്ചോളാം ഭൂതം ഭാവിജ ദുഷ്കൃതം പ്രദഹതാ സംവിന്മയെ പാവകെ പ്രാരബ്ധായി പിന്നെ ആ ശരീരത്തിന്റെ ചലനത്തിനെ നോക്കിക്കൊണ്ടിരിക്കും എങ്ങനെയെന്ന് വെച്ചാൽ പല്ലി പല്ലിയുടെ വാല് മുറിഞ്ഞാൽ ആ വാല് കിടന്നു പെടയും ആ വാല് കിടന്നു പെടയുന്നതിനെ പല്ലി നോക്കിക്കൊണ്ടിരിക്കും അതിന്റെ തന്നെ വാലാണ് അതേപോലെ തന്നെ തന്റെ ശരീരത്തിന് അതിനെ എന്തൊക്കെ തന്നെ വിഷമങ്ങളോ സുഖ വരുമ്പോഴും അതിനെ സാക്ഷി മാത്രമായി നോക്കിക്കൊണ്ടിരിക്കും ഭൂതം ഭാവി ചുഷ്കൃതം പ്രദഹത സംവിന്മയേ പാവകെ പ്രാരബാ സമർപ്പിം സ്വപു ഇഷാ മനീഷ മമ ഇത് എൻ്റെ അത്യന്തം ഉറപ്പുറ്റ അനുഭവമാണ് എൻ്റെ മനീഷയാണ് നിശ്ചയമാണ് എന്ന് ആചാര്യവചനം അടുത്ത ശ്ലോകം നാളെ കാണാം ത്മാവസി മേവ തോന്നം മചിദസ്തിയേഷ്ടം ഗുരുവാം തഥ യാം ആത്മനം രമണം ഭ